السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين ولا اله الا الله سمادمنا ركادر سيد محمد الدكتور مطبعه الطلبه بغنجنا يبي درشن مسلم ബഹുമാൻപ്പെട്ടേശം ബഹുമാൻപ്പെട്ടർ പേശി കൂടത്തായ ബഹുമാൻപ്പെട്ട കുട്ടി സഞ്ചാരി ബഹുമാൻപ്പെട്ട അഹമ്മദ് സൽ കെ സംസ്ഥാന ഓണംപള്ളി മുഹമ്മദ് ഫൈസൽ बहुमान उपभिष्ट सोष उपभिषा सहोद പ്രിയപ്പെട്ട ശാസ്ത്രത്തിന് സംസ്കരണ ജന്മിയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയായ എസ് കെ എസ് എഫിന്റെ സുഹൃതങ്ങളുടെ പ്രമേയത്തിൽ പ്രശ്നമായ ബഹുജന ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേളയിലാണ് നാം ഇവിടെ നമുക്കറിയാം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നവോത്വാനം ഇവിടെ മുഴർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്തരെല്ലാം ജമിയത് മുസൽമാർസിനുടെ കാലഘട്ടത്തിൽ തന്നെ പുരുഷുദ്ധരായ സഹാബക് മുഖേന ഇസ്ലാം പ്രഭുചറിഞ്ഞ നമ്മുടെ കേരളക്കരയിൽ ആ കാലഘട്ടം മുതൽ മഹന്മാരായ ആരോഗ്യങ്ങളുടെയും പരുമാക്കളുടെയും സുപ്പല്യന്മാരുടെയും പണ്ഡിത മഹത്തുക്കളുടെയും ഒക്കെ മഹനീയ നേതൃത്വം അവരുടെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് സേവനപാതയിൽ യുവാക്കളും പരസ്പരം കൈകോർത്തുകൊണ്ട് അതിന് സുഹൃത്തു ജമാനത്തിൻ്റെ ആശയാന്ദർശങ്ങൾ അവരുടെ ജീവിതം സമർപ്പിക്കുകയുണ്ട് പിൽക്കാലത്ത് സുക്ത ജമാനത്തിൻ്റെ ആശയാന വിരുദ്ധമായി പുതിയ പരിഷ്കരണവാദങ്ങളും പ്രസ്ഥാനങ്ങളും ഉടലെടുത്തപ്പോൾ മുസ്ലിം സമുദായത്തെ സമുദ്ര ജമാനത്തിൻ്റെ പാതയിൽ അടിയുറപ്പിച്ചുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജന്മീയത്തുള്ള മോഹനായ മഹവും വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ അബ്ബുല്ലാഹ് മർക്കലും അവർ പ്രഥമ അധ്യക്ഷനുമായിക്കൊണ്ട് ഏറ്റവും ഉന്നത ശിഷ്യനായ ഉരമാക്കൾ ഇതിന്റെ നേതൃപദത്തിനെത്തിക്കേരുകയും അവരുടെ മഹനീയ നേതൃത്വം കേരളീയ മുസ്ലിംകൾ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന ഇസ്ലാമിക ചൈതന്യം ഇവിടെ യാഥാർത്ഥ്യമായി മസ്ജിദുകളും മദർശകളും സ്ഥാപിക്കപ്പെടുകയും പിന്നീട് മദർശകൾ മാതൃകായോഗ്യമായ എന്നീ സേവനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമസ്ത കേരള ജനീയത്ത് യുടെ ആ മഹത്തായ പാന്താവ് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ വരെ സുമത്ത് ജമാത്തിൻ്റെ ആശയപ്രചരണത്തിൽ ഏറ്റവും അഭിമാനകരമായ സേവനങ്ങളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വരും തലമുറയിലേക്കും ആ മഹത്തായ നേതൃത്വം നിലനിർത്തുക എന്നുള്ളതാണ് എസ് കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതുകൊണ്ടുതന്നെ വിജ്ഞാനം വിനയം സേവനമെന്ന മുദ്രാവാക്യം ഉവർത്തിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവത്തിലൂടെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ അടിയൊഴിപ്പിച്ചു നിർത്തുകയും അവരെ പരിശുദ്ധ ദേവൻ്റെ ബാഹുരും സഹകരമാക്കി ഭാവിയിലെ സമുദായ നേതൃത്വ സൃഷ്ടിപ്പുകളെ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് എസ് കെ എസ് എഫ് അതിൻ്റെ പ്രവൃത്തിവാദത്തിൽ രണ്ടര പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ് നമുക്കറിയാം എസ് കെ എസ് എഫിൻ്റെ മറ്റു പ്രവർത്തനങ്ങളായ ും ക്യാമ്പസിൽ അതുപോലെ ദൈനവിഭാഗത്തിന്റെ മാർഗത്തിലുള്ള വിവാദം അതുപോലെ ജീവകാരുണ്യ മേഖലയിൽ സഹചാരി അതുപോലെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ട്രെൻഡും അതിൻ്റെ അനുബന്ധിച്ചുള്ള മറ്റു സംരംഭങ്ങളുമൊക്കെ തന്നെ ഇന്ന് ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എസ് കെ എസ് എഫ് അതിൻ്റെ കർമ്മഭീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് ഓരോ വീടുകളിലും ക്യാമ്പയിനാണ് സഹദരണത്തിൽ നിന്നും പ്രമേയമായി ഇവിടെ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം സംസ്തക കേരള ജമീയ ിൽ നിന്നും ഇറങ്ങിപ്പോയ വികൃത വിഭാഗം നമുക്കറിയാം എന്നും സാമ്പത്തികമായ സമുദായത്തെ ചിന്തിരയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്വാസമാവേണ്ട തിരുശേഷിപ്പെന്ന പേരിൽ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടും വ്യാജ തിരുക്കേശം അവതരിപ്പിച്ചൊക്കെ ജനങ്ങളുടെ മൃഗത്തിൽ അവർപ്പെട്ട ആളുകൾ തന്നെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ഇവിടെ തുറന്നു പറയുവാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥമായ പാന്താവ് സമസ്യകളുടെ ജന്മയെ തുടരുമ ആ പ്രസ്ഥാനത്തിന് അടിയറിച്ചുകൊണ്ട് അവരുടെ ജനമാനത്തിൻ്റെ ആശയകർഷങ്ങൾ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കുവാൻ അള്ളാഹോ നമുക്ക് പ്രധാന വിശയമാകട്ടെ വിഘടിത വിഭാവത്തിൽ പ്രവർത്തിച്ചു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ യഥാർത്ഥമായതാവിനേക്ക് വരികയാണ് അവർക്ക് ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ സേവനങ്ങളും സ്വാഹായ്മകളായി സ്വീകരിക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷൻ